അടുത്ത് പറയുന്ന എന്താണ് യുഷ്മസ്മത് പ്രത്യേക ഗോചനോഹോ വിഷയ വിഷയണോഹോ തമ പ്രകാശോദ്രുദ്ധ സ്വഭാവയോഗോ तमप्रकाशव विरुद्ध स्वभाव योग परस अत्यवैलक्षण्ये दृष्टांत तम प्रकाशव അധ്യാസം എന്ന് പറയുന്നത് താതാത്മ്യം എന്ന് പറഞ്ഞ പോലെ താതാത്മ്യ അനുഭവം ഉണ്ടാകും അഭ്യാസം ഒരു അനുഭവമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള താതാത്മ്യ അനുഭവം ഉണ്ടാകുന്നതിനാണ് അധ്യാസം ഉദാഹരണം ശരീരം ശരീരത്തിൽ ഞാനെന്നുള്ള ബോധം ഉണ്ടാവും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു അപ്പൊ ശരീരവും ആത്മാവും തമ്മിലുള്ള അത്യാസവും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു പിന്നെ ഞാൻ അനുഡപ്രത്യേക ഗോചരം ഞാനെന്ന് പറയുന്ന അനുഭവത്തിന് ആധാരമായിരിക്കുന്നതാണ് ആത്മാവ് ആത്മാവിന് ഈ ശരീരത്തിൻ്റെ താതാത്മ്യ അനുഭവം ഉണ്ടാകുന്നതാണ് പറയുന്നത് ഞാൻ പുരുഷനാണ് പുരുഷത്വ ശരീരത്തിലാണ് ആത്മാവ് അപ്പൊ അധ്യാസം എന്ന് പറയുന്നത് ആത്മാവും അനാത്മാവും തമ്മിൽ താതാമ്യ പ്രതീതി ഉണ്ട് അധ്യാസവാദികൾ ശരീരത്തിൽ ചൈതന്യ അനുഭവം ആത്മാവിൽ ദേഹാനുഭവം ഉണ്ട് വേണം ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് അങ്ങനെയുള്ള അനുഭവം താധാന്യ പ്രതീതി എന്ന രണ്ടും പ്രത്യേകമാണ് ആത്മാവ് വേറെ അനാത്മാവ് വേറെ പക്ഷെ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു അനുഭവം ഉണ്ടാവും ആത്മാവിന്റെ ചൈതന്യ അനുഭവം ശരീരത്തിലും ശരീരത്തിൻ്റെ സ്ഥൂലത്വം ജടത്തും തുടങ്ങിയ അനുഭവങ്ങൾ ആത്മാവിനും വരുമ്പോഴാണ് നമുക്ക് ഞാനും നിങ്ങനെ ദേഹ ഒരു അനുഭവം ഇത് താതാമ്യ പ്രതീതി എന്ന് പറയും ഇവിടെ പറയുന്നത് സംഭവിക്കത്തില്ല കാരണം ആത്മാവും അനാത്മാവും അത്യന്തം വിരുദ്ധമായ ഒരു സാധനങ്ങളാണ് പരസ്പരം ഒരിക്കലും താതാമ്യ പ്രതീതി സാധനങ്ങളാണ് അതിനാണ് ഉദാഹരണം പറഞ്ഞ തമപ്രകാശം ഇരട്ടം വെളിച്ചവും തമ്മിൽ താതാത്മ്യ അനുഭവം നമുക്കൊരിക്കലും ഉണ്ടാകത്തില്ല ഒരു കാലാവസ്ഥ ഇവിടെ അത് കൃത്യമായി പറയുന്നത് അങ്ങനെ എന്ന് വെച്ച് കണ്ടിട്ട് നമുക്ക് വെളിച്ചമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല വെളിച്ചത്തെ കണ്ടിട്ട് എന്താണ് നമുക്കൊരിക്കലും ഇരട്ടിലാണ് നമുക്ക് എന്തുകൊണ്ട് അത്യന്ത ഭിന്നങ്ങളാണ് അത്യന്ത ഭിന്നങ്ങളായ രണ്ടെണ്ണത്തിൽ പരസ്പരം താതാത്മ്യ അനുഭവം ഉണ്ടാകത്തില്ല മിക്ക അധ്യാസം ഉണ്ടാകത്തില്ല അധ്യാസം എന്ന് പറയുമ്പോൾ കേവലം താതാത്മ്യവും നടത്താൽ പോരാ താതാത്മ്യ അനുഭവവും നടക്കണം എന്നറിയുന്ന മനസ്സിലായി നോക്കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താതാത്മ്യ അനുഭവമാണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ദേഹത്തിൽ ഞാൻ പറയുന്നത് ഞാൻ എന്ന് ദേഹത്തെയാണ് ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഏതുപോലെ ഇരട്ടും കളിച്ചും ഇനിയിപ്പോ നേഴും കളിച്ചും ഇരിക്കും നേഴെന്ന് പറയുന്നത് ഇരട്ടുകറങ്ങ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ഇരട്ടും കളിച്ചും കൂടിക്കരഞ്ഞ അവിടെ അവിടെയും എന്താണ് താതാമ്യ അധ്യാസം സംഭവിക്കുന്നത് സന്ധ്യാസമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുട്ടിനെയും കാണുന്നു വെളിച്ചത്തെയും കാണുന്നു അവിടെയും ഇരുട്ടിനരുട്ടായിട്ടും വെളിച്ചത്തെ നമ്മൾ വെളിച്ചമായിട്ട് തന്നെയാണ് ഇരുട്ടും ഇരുട്ടും വെളിച്ചവും കലർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും അനുഭവം ഉണ്ട് നമുക്കൂടെ ഈ വെളിച്ചമുണ്ട് നേളിലുണ്ട് നേളിലിരുട്ടാണ് അപ്പൊ നമ്മൾ വെളിച്ചവും നിഴലും കാണുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉണ്ടല്ല വെളിച്ചവും നിഴലും കൂടിക്കലർന്ന് വെളിച്ചം നിഴലാണ് നിഴൽ വെളിച്ചമാണ് അങ്ങനെയെല്ലാം കാണുന്നത് പിന്നെ എന്ത് ചെയ്യുന്നു വെളിച്ചത്തെ വെളിച്ചമായിട്ടും നിഴലിന് നിഴലായിട്ടുള്ള നമ്മൾ കാണുന്നത് പിന്നെ വ്യത്യാസം പറഞ്ഞ വെളിച്ചത്തിന്റെ തീവ്രത കുറവായിരിക്കും കൂടുതലായിരിക്കും ഇരുട്ടിന്റെ ഗാഠത അത് കുറവായിരിക്കും കൂടുതലായിരിക്കും അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരിടത്തും ഇരുട്ടും വടിച്ചും കൂടെ ഒന്നായിട്ട് ഇരുട്ട് വളിച്ച് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടുണ്ടാകുന്നില്ല അത്യന്ത ഭിന്നമായിരിക്കണം പരസ്പര ഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് വസ്തുക്കളിൽ നമുക്ക് താതാത്മ്യ അനുഭവം ഉണ്ടാകത്തില്ല വിരോധം എന്ന് പറയുന്നത് എന്ന് പറയാ സഹ അനവസ്ഥായിത്വം ഒരു കാലത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കാൻ പറ്റായി സഹ അനവസ്ഥായി വെളിച്ചത്തെയും ഇരട്ടിനെയും നോക്കുക ഇപ്പൊ ഇവിടെ വെളിച്ചമാണ് ആ കാലത്ത് ഇരട്ടിന്നിരിക്കാൻ പറ്റുള്ളൂ ആ സ്ഥാനത്തെന്ന് പ്രത്യേക എന്തുകൊണ്ട് പറയുന്നു മേശയുടെ പുറത്ത് വെളിച്ചമുണ്ടെങ്കിൽ അടിയിൽ ഇരുട്ടിന്നിരിക്കും ഒരു സ്ഥാനത്ത് ഒരേ സമയം ഇരട്ടിനും കളിച്ചത്തിന് ഇരിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ വിരോധമാണ് സഹ അനവസ്ഥായിത്വ ഇനി അത് ഒരു കാലം നന്തിനെടുത്ത് പറയുന്നു ഒരു കാലത്ത് ഇരുട്ടിനും വെളിച്ചത്തിലും ഒരുപ്പിച്ചിരിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് പറയുന്നു ഭൂതകാലത്ത് ഇവിടെ ഇരുട്ടായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ഇരുട്ടായിരുന്നു ഇവിടെ ഇരുട്ടിരുന്നു ഇന്നിപ്പോ വെളിച്ചോണം അപ്പോ ഇതേ സ്ഥാനത്ത് നിന്ന് ഇന്നലെ രാത്രി ഇരുട്ടിരുന്നു ഇന്ന് ഈ സമയത്ത് വിളിച്ചവരിക്കുന്നു ഒരു സ്ഥാനത്ത് തന്നെ രണ്ടും ഉണ്ട് ഇരുട്ടിനും വെളിച്ചത്തിനും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇന്നലെ രാത്രി ഇരുട്ടിരുന്നു ഇന്നിപ്പോ പകലൂടെ വിളിച്ചവരിക്കുന്നു അപ്പൊ ഒരു സ്ഥാനത്ത് രണ്ടും ഇരുന്നോ ഇരുന്നോ ഇന്നലെ കൂടെ ഇരുന്നിന്നേ ഇന്നിവിടെ വിളിച്ചവന്നേ ഇതേ ഇന്നലെ രാത്രി എന്നിരുന്നു ഇന്നിപ്പോ വന്നിരിക്കുന്നു ഒരേ സ്ഥാനത്ത് തന്നെ ഇരുട്ടും വിളിച്ചു ഇരിക്കൂ എങ്ങനെയാണെങ്കിൽ ആയിരിക്കും ഭിന്ന കാലത്തിലാണെങ്കിൽ ഇരിക്കും ഭിന്ന കാലത്തിലാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഇരുട്ടും വിളിച്ചു വരിക്കും അങ്ങനെ ഇരിക്കും ഇനി ഒരേ ദേശത്ത് ഇരുട്ടും വിളിച്ചായിരിക്കൂ ഒരേ ദേശത്ത് ഏറ്റും കാലത്ത് ഇരുട്ട് വിളിച്ചു ഒരുക്കൂ അങ്ങനെ എങ്ങനെയായിരിക്കും ഒരേ സ്ഥാനത്ത് ഇട്ടും വിളിച്ചു ഭിന്ന കാലത്തിലിരിക്കും എന്നെയൊക്കെ ഉദാഹരണം പറഞ്ഞു എന്നിട്ടും മനസ്സിലായി ഇതേ സ്ഥാനത്ത് എന്നെ വിളിച്ചത്തും ഇരിക്കാം വിളിച്ചത്ത് രിക്കാം ഇന്നലെ ഇരുട്ടിരിക്കും എന്ന് വിളിച്ചു വരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വിളിച്ചു വരിക്കുന്നു ഇന്ന് രാത്രി എന്നിരിക്കും ഇപ്പൊ ഒരു സ്ഥാനത്തിട്ട് വിളിച്ചത് വരിക്കാം ഒരു കാലത്തിൽ പറ്റില്ലെന്നേ അതാണ് സഹ അനവസ്ഥായി ഭിന്ന കാലത്തിലിരിക്കും ഒരു ദേശത്തിൽ ഭിന്ന കാലത്തിന് ഇരട്ടിന് വെളിച്ചത്തിനും പിന്നെ ഭിന്നദേശങ്ങളിലിരിക്കാം ഒരേ കാലത്തിൽ ഒരേ കാലത്ത് ഇരട്ടിന് വെളിച്ചത്തും ഇരിക്കാൻ പറ്റൂ ഒരേ കാലത്ത് ഈ കാലത്ത് ഇരട്ടിന് വെളിച്ചത്തിനും ഇരിക്കാൻ പറ്റൂ പറ്റും ഭിന്നദേശത്തിരിക്കും ഇതേ കാലത്തിൽ ഇപ്പൊ തന്നെ ഇരുട്ടിനും വെളിച്ചത്തിനും ഇരിക്കാൻ പറ്റുമോ ഇതേ കാലത്ത് ഭിന്നദേശത്തിരിക്കാം മേശട മോളിൽ വെളിച്ചമാണെങ്കിൽ അടിയിലെന്താണ് ഇരുട്ട് ഭിന്നദേശത്തിരിക്കും നിവർത്തിയ നിവർത്തക ഭാഗം എന്ന് പറയുന്നത് ഒരേ കാലത്തിൽ ദേശത്തിൽ സഹാനവസ്ഥായിത്വം എന്ന് ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഇരുട്ടിനും വെളിച്ചത്തിനും ഒരുമിച്ചിരിക്കാൻ അതാണ് പിന്നെ നിവർത്തിയ നിവർത്തക ഭാവം നിവർത്തി മാറ്റപ്പെട്ടത് നിവർത്തകം മാറ്റുന്നത് ഇതൊരു വിരോധമാണ് നിവർത്തിയ നിവർത്തക ഭാവം ഇപ്പൊ ഇവിടെ ഇപ്പം വിളിച്ചവരിക്കും ഇരുട്ടുണ്ടോ ഇരുട്ടിനെന്ത് സംഭവിച്ചോ നിവർത്തിയമായി അപ്പൊ നിവർത്തകമായി വെളിച്ചവരിക്കുന്നിടത്ത് നിവർത്തിയമായി മാറ്റപ്പെടുന്നതായ ഇരുട്ടിനിരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് രണ്ടും തമ്മിലുള്ള വിരോധ വിരോധത്തിൻ്റെ പേരാണ് നിവർത്തിയ നിവർത്തക രണ്ടും അത്യന്തം വിരോധം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇരട്ടെന്ന് പറയുന്ന എന്തായി നിവർത്തകം ആണ് അതോ നിവർത്തിയമാണ് നിവർത്തിയോ വിളിച്ചോ എന്ന് പറയുന്നത് എന്താണ് നിവർത്തിയോ നിവർത്തകവും രണ്ടും കൂടി എന്താണ് വിരുദ്ധമാണ് രണ്ട് വിരുദ്ധമാണ് എന്തുകൊണ്ട് രണ്ടും തമ്മിൽ നിവർത്തിയ നിവർത്തകമാണ് ഇപ്പൊ വിരോധം രണ്ടുതരത്തിൽ വരാം സഹനവാസ്ഥായിത്വവും നിവർത്തിയും നിവർത്തുന്നു രണ്ടു തരത്തിലുള്ള വിരോധമുള്ള രണ്ട് വസ്തുക്കളാണെന്ത് ചുറ്റും വിളിച്ചും അതിനാണ് ഉത്തമപ്രകാശം അത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടും നമുക്കൊരു താതാന്ത്മിക പ്രതീതി ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകും അവളോട് പറയുന്നു ാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണോ പരസ്പര അനധ്യാസ ഏതോ അത്യന്തലക്ഷണിയേ അത് അഭേദമായിട്ട് അർത്ഥം മനസ്സിലാവും പരസ്പര അനധ്യാസം അനധ്യാസം എന്ന് പറയുന്ന എന്താണ് എന്ന് പറഞ്ഞെന്താണ് ഇത്രയും സംസാരിച്ചത് പരസ്പര അനധ്യാസ ഹേതു പരസ്പര അനധ്യാസം എന്ന് വെച്ചാൽ പരസ്പരമുള്ള താതാമ്യ പ്രതീ അതാണ് പരസ്പര അധ്യാസം അപ്പൊ പരസ്പര അനധ്യാസം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള താതാമ്യ എന്താണ് അത്യന്ത വൈലക്ഷണിയ അത്യന്ത ഭേദം വൈലക്ഷണമെന്ന് വെച്ചാൽ ഭേദം വൈലക്ഷണമെന്ന് വെച്ചാൽ േദം അത്യന്ത ഭേദത്വം ആ അത്യന്ത ഭേദത്താണ് പറഞ്ഞത് എന്താണ് പരസ്പര വിരോധം ആ വിരോധത്തോട് പറഞ്ഞ എന്താണ് നിവർത്തിയ നിവർത്തക ഭാഗം അല്ലെങ്കിൽ സഹ അനവസ്ഥായിത്വ രൂപത്തിലുള്ള ഈ വിരോധം എന്തിന് പ്രാധാന്യം എത്തണം ഇതുവരെ പറഞ്ഞു പരസ്പര പ്രാധാന്യ പ്രതീതി ഉണ്ടാകാതിരിക്കുന്നതിന് ഹേതുവാണ് എന്ത് എന്താണ് ഹേതു അത്യന്ത ഭേദം രണ്ട് വസ്തുക്കളിലുള്ള അത്യന്തമായ േദം ഭേദം വിരോധം ഭേദമുള്ളതുകൊണ്ട് വിരോധം വരും രണ്ടു വസ്തുക്കളിലുള്ള അത്യന്തമായ ഭേദം അല്ലെങ്കിൽ വിരോധം അതെന്തിനു കാരണമാണ് പരസ്പര താതാത്മ്യ പ്രതീതി ഉണ്ടാകാതിരിക്കുന്ന ഒരു ഹേതുവാണ് എന്തിനാണ് ഹേതു പരസ്പര ഈ പരസ്പര താതാത്മ്യ പ്രതീതി എന്താ പറയുന്നത് താതാത്മ്യ പ്രതീതി എന്താ പറയുന്നത് പരസ്പര താതാത്മ്യ പ്രതീതിയാണ് എന്ന് പറയുന്നത് അധ്യാസം അധ്യാസം എന്ന് പറഞ്ഞെന്താ പരസ്പര താതാത്മ്യം അത് സംഭവിക്കാതിരിക്കുന്നതിനുള്ള ഹേതു എന്താണോ അത്യന്ത ഭേദം അത്യന്ത ഭേദം വന്നാൽ ആ രണ്ട് വസ്തുക്കളിൽ അത്യന്ത ഭേദം വന്നാൽ എന്ത് എന്ത് പറയും പരസ്പര വിരോധം അത്യന്ത ഭേദം വന്നു കഴിഞ്ഞാൽ എന്തുവരും പരസ്പര വിരോധം ആ വിരോധം കൊണ്ട് എന്ത് സംഭവിക്കുന്നു അതിനുദാഹരണമാണ് പറഞ്ഞത് ഇരളും വെളിച്ചവും അപ്പോ ഇരളും വെളിച്ചത്തിനും എന്ത് വരുന്നു താതാത്മ്യ പ്രതീതിയില്ല അതുപോലെ എന്ത് സംഭവിക്കും ആത്മാവിനും ആത്മാവിനും പുനാത്മാവിനും എന്ത് സംഭവിക്കും താതാത്മ്യ പ്രതീതി ഉണ്ടാകുന്നില്ല ഇതാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവും അനാത്മാവും തമ്മിൽ ഉള്ള താതാത്മ്യാനുഭവം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നു എന്തുകൊണ്ടുണ്ടാകുന്നില്ല രണ്ടും അത്യന്ത വിരുദ്ധമാണ് അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് പുരസ്കൃത അതിന് ദൃഷ്ടാന്തം പറഞ്ഞു തവപ്രകാശം അപ്പൊ ഇവിടെ സിദ്ധാന്തി പറയുന്ന എന്താണ് ആത്മാവും അനാത്മാവും തമ്മിൽ ഒരു താദാത്മ്യ അനുഭവം നോക്കുണ്ട് ആ അനുഭവത്തെ എങ്ങനെ പറയും സ്ഥൂലോഹം കൃശോഹം ചൈതന്യവാൻ ദേഹ എന്നൊക്കെയുള്ള അനുഭവം അത് ഇവിടെ സംഭവിക്കില്ല എന്ന് കുറവ് പറയും അത് തന്നെ വിശദീകരിക്കുകയാണ് നഹിജാതു കശിത് സമുദാചരവൃത്തിനീ പ്രകാശതമസീ പരസ്പരാ പരസ്പരാത്മതയാ പ്രതിപത്തും അർഹതി തമപ്രകാശം എന്ന് പറയുന്നതിന് വിശദീകരിക്കുക ഒരിക്കലും ഒരിക്കലും കശ്ചിത് ഒരുവന് ഒരുവൻ അറിയുന്നില്ല കശ്ചിത് പ്രതിപത്തും അർഹതി ഒരുവൻ അറിയാൻ കഴിയുന്നില്ല എന്തിനാ അറിയാൻ കഴിയുന്നില്ല സമുദാചരത്തിനി സമുദാചരന്ത്യ വൃത്തിയോ എന്ന് വിഗ്രഹിക്കുന്നു ഭാവതികാരന്റെ പ്രത്യേക പ്രയോഗങ്ങളാണ് സമുദാചരന്ത് വൃത്തി ദിവജനോ എന്നുവെച്ചാൽ തമസിനി ഇരട്ടിനെയും വെളിച്ചത്തെയും പറയുന്നുകൊണ്ടാണ് ദിവതനുപയോഗിച്ചത് അടുത്തു പറയുന്നു പ്രകാശ തമസി സമുദാചരന്ത് വൃത്തിയോ സമുദാചരന്ത് സമുദാചരന്ത്യോ പരസ്പര ഭിന്നങ്ങളായി വൃത്തി അനുഭവപ്പെടുന്നതായോഹോ ഏതൊക്കെയാണോ ഏതൊക്കെയാണോ പ്രകാശതമസി പ്രകാശതമസി എന്ന് പറയുന്നതിന് വിശേഷിപ്പിക്കുന്നത് സമുദാചരത്തിനി വൃത്തിനിന്ന് പറയുന്ന ഏതൊത്തി എങ്ങനെയാണ് രൂപം സമുദാചര വൃത്തിനീ പ്രകാശ തമസി സമുദാചര പരസ്പര ഭിന്നങ്ങളായി വൃത്തിനി അനുഭവപ്പെടുന്നതായ വൃത്തി എന്ന് വെച്ചാൽ വർത്തിക്കുക എന്നാണ് പക്ഷെ ഇവിടെ വർദ്ധിക്കുക എന്ന് വെച്ചാൽ അനുഭവപ്പെടണം അധ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമായിരിക്കും രണ്ടെണ്ണം കൂടിച്ചേർന്നാൽ പോരെ പിന്നെയോ അതറിയാൻ ഒരാൾ വേണം ഒരാളുടെ അറിവായിരിക്കും എന്നാലും അതിനെ അധ്യാസം ഒന്ന് വിളിക്കാൻ പറ്റും ഇപ്പൊ പരസ്പര ഭിന്നങ്ങളായി അനുഭവപ്പെടുന്നതായ എന്താണ് പ്രകാശ തമസി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പരസ്പര ഭിന്നങ്ങളാണ് അത് പരസ്പരാത്മതയ പ്രതിപത്തും കശ്ചിത് അർഹതി ആർക്കും കഴിയില്ല എന്ത് കഴിയില്ല പരസ്പരാത്മതയാ പ്രതിപത്തും താതാമ്യേന അനുഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഒന്നായി അനുഭവിക്കുന്നതിന് രണ്ടെണ്ണത്തിന് ഏതൊക്കെ രണ്ട് പ്രകാശ ഇരട്ടും പ്രകാശത്തിന് ഇരുട്ടിനെയും കണ്ടിട്ട് പ്രകാശമിരട്ട് ഇരുട്ട് പ്രകാശം ഒന്നായിട്ട് അനുഭവിക്കുന്നതിന് കശ്ചിത് അറിയുന്നതിന് കസ്റ്റിത് അർഹതി എന്ന് ആർക്കും കഴിയത്തില്ല എന്ന് നിങ്ങൾ വെളിച്ചത്തെയും ഇരട്ടിനെയും കാണുമ്പം വെളിച്ചത്തെ എങ്ങനെ കാണുമ്പോൾ വെളിച്ചമായിട്ട് ഇരുട്ടിനെ അത് എത്ര കൂടുതലുണ്ടായാലും കുറവുണ്ടായാലും ഒക്കെ ശരിയാണ് നിങ്ങളിപ്പം ഇരുട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു ഒരു നെഴായാലും നെഴു നോക്കിയിട്ട് എന്ത് പറയുന്നത് അവിടെ നെഴിലുണ്ട് എന്ന് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഇനി വെളിച്ചത്തെയാണ് ഒരാൾ നോക്കുന്നതാണെങ്കിൽ എന്ത് പറയും കണ്ണുകൊണ്ട് കണ്ടിട്ട് എത്ര കുറഞ്ഞ വെളിച്ചമാണെങ്കിലും പറയുന്നത് അവിടെ ചെറിയ വെളിച്ചമുണ്ട് വെളിച്ചത്തെ ഒരാൾക്ക് ഇരുട്ടെന്നറിയാൻ കഴിയില്ല സന്ധിക്കാനും നട്ടുച്ചേക്കാനും അർദ്ധരാത്രിയായാലും എവിടെയായിരിക്കും ഈ രണ്ട് വസ്തുക്കൾ നമ്മുടെ കണ്ണിന് വിഷയമാവുമ്പോൾ നമ്മളെങ്ങനെ അറിയും വെളിച്ചത്തെ വെളിച്ചമായിട്ടും ഇരുട്ടിനെ ഇരുട്ടായിട്ട് അറിയത്തുള്ളൂ അതുകൊണ്ട് അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ഇരടും വെളിച്ചവും താതാത്മ്യമായി ലോകത്ത് ആർക്കും അതുകൊണ്ടെന്താണ് അത്യന്ത വിലക്ഷണമായിരിക്കുന്ന ഭിന്നങ്ങളായിരിക്കുന്ന ദേഹവും ആത്മാവും കൂടി ചേർന്നിട്ട് താതാമ്യത്തിൽ ഒരു അനുഭവം ആർക്കും എന്ന് വെച്ചാൽ അതുകൊണ്ടെന്താണ് ഇപ്പൊ ഞാൻ എന്ന് അനുഭവം ഉണ്ടാകുന്നെങ്കിൽ അത് എന്ന് ഇവിടെ ദേഹവും ആത്മാവും തമ്മിൽ താതാമ്യം സംഭവിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അനുഭവം ഉണ്ടാവുന്നു അതിന് കൂടുതൽ വിശദീകരിക്കും അത് അഭ്യാസം കൊണ്ടല്ല താദാത്മ്യ അനുഭവമല്ല അല്ലാതെയും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും വിശദീകരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിജാവ് വായിച്ച മനസ്സിലാകത്തില്ല ഞാൻ വിശദീകരിക്കുന്നു അതാണ് ഒരിക്കലും സമുദാചരവൃത്തിനി പ്രകാശതമസി പരസ്പര ഭിന്നങ്ങളായി അനുഭവപ്പെടുന്ന വെളിച്ചവും ഇരട്ടും പരസ്പരാത്മതയാ പ്രതിബത്തും താദാത്മ്യേന അനുഭവിക്കുന്നതിന് കശ്ചിത് അർഹതി ഒരാൾക്കും കഴിയില്ല തതിത് മുക്തം ഇതരേതര അഭാവ അനുഭത്തി തതിതം തസ്മാൽ ഇതമുക്തം ഇതമുക്തം എന്ന് വെച്ചാൽ ഭാഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തും എന്ത് പറഞ്ഞു ഇതരേതര ഭാവാനുപത്വം അപ്പൊ ഇവിടെ ഭാഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു കുറച്ചുകൂടെ വിശദീകരിച്ചുകൂടെ മനസ്സിലാക്കേണ്ടത് ഇതരേതര ഭാവാനുഭവത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവും അനാത്മാവും തമ്മിൽ അനുഭവം ഉണ്ടാകത്തില്ല താതാത്മ്യ എന്ന് പറഞ്ഞാൽ പോലെ താതാത്മ്യ അനുഭവം ഉണ്ടാകും ഇപ്പൊ നമുക്ക് ഞാനൊന്നുള്ള ഒരു അനുഭവം ഉണ്ടാകും ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാത്മ്യൊന്നുമല്ല അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അതാണ് തസ്മാതെന്ന് വെച്ചാൽ തസ്മാ ഇതം ഈ പറഞ്ഞ ഇതാണ് എന്ത് ഇതിരേതിര ഭാവ അനുഭവത്തിൽ ഇന്ന് ഭാഷയത്ത് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള അനുഭവം ഉണ്ടാകത്തില്ല ഇതിരേതര ഭാവ ഇതരേതരത്വം താതാത്മ്യമിതിയാകും അപ്പൊ ഇതരേതര ഭാവാനുഭവത്തി എന്ന് ഭാഷ്യകാനം പറഞ്ഞു ഇതരേതര ഭാവം അതിന് വിശദീകരിക്കും ഇതരേതര ഭാവം എന്ന് വെച്ചാൽ ഇതരേതരത്വം തസ്യ ഭാവത്വതിലവും ഭാവാർത്ഥത്തിൽ ത്വമ്പർത്വം ചേർക്കണം ഭാവം പറഞ്ഞാൽ നമ്മൾ അർത്ഥം മനസ്സിലാവും ത്വം ചേർക്കണം അപ്പൊ താതാത്മ്യം എന്ന് വെച്ചാൽ താതാത്മ്യ അനുഭവം എന്ന് വീണ്ടും അത് നമ്മൾ കൂട്ടിച്ചേർക്കണം ഭാഷ്യകാരൻ എന്ന് പറഞ്ഞു ഇതരേതര ഭാവം ഭാമധികാരം എന്ന് പറഞ്ഞു താതാത്മ്യം നമ്മളെന്ത് മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കുന്നത് താതാത്മ്യ അനുഭവം എന്ന് താതാത്മ്യ അനുഭവം ഉണ്ടാകത്തില്ല ഇത് യാവത്ത് തസ്യ അനുഭൂത്തി തസ്യ അനുഭൂതി ഇത് യാവത് എന്ന് പറഞ്ഞാൽ ഇതരേതര ഭാവത്തിന്റെ അർത്ഥം ഇത്രയുമാണ് ഇതരേതര ഭാവത്തെ ആദ്യം അങ്ങനെ അർത്ഥം പറയും ഇതരേതിരത്വം പിന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നു താതാത്മ്യം ഇത് യാാവത്ത് താതാത്മ്യത്തിന്റെ അർത്ഥം പിന്നെ എന്ത് പറയും അനുഭവം എന്നാണ് ഇത് യാവത് എന്ന് വെച്ചാൽ ഇത്രയാണ് ഇതിന്റെ ആശയം ഏതിന്റെ ആശയം െതിരെ ഭാവത്തിന്റെ ആശയം ഇത്യാകത്ത് ഇത്രയും ഇത്രമാത്രമാണ് നിർത്തുന്നത് യാകാ ഇത്രമാത്രമാണ് അങ്ങനെ കാണിക്കുക ഇത്രമാത്രം ഇതിനർത്ഥമുള്ള നിർത്തനുപത്തി തസ്യ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല നമുക്ക് ഉണ്ടാകുന്ന ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകും ആ ബാലഭട്ടൻ ജനങ്ങൾക്ക് ഈ അനുഭവം പൂർവക്ഷി എന്താണ് നിങ്ങൾ പറയുന്ന പോലെ ഒരു താതാത്മ്യ അനുഭവം അല്ല ആത്മാവും തമ്മിലുള്ള ഒരു താദാത്മീയ അല്ല ഞാൻ എന്നുള്ള ഈ അനുഭവത്തെക്കുറിച്ചാണ് പറയാം പിന്നെ എന്താണെന്ന് അത് അടുത്തു പറയും എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അപ്പോ ചുരുക്കത്തിൽ എന്താണ് ശരീരത്തിന് ആത്മതാതാത്മ്യ അനുഭവം ഉണ്ടാകത്തില്ല ശരീരത്തിൽ ആത്മതാതാത്മ്യ അനുഭവം ഉണ്ടാകത്തില്ല ശരീരത്തിൽ ആത്മതാതാത്മ്യ അനുഭവം ഉണ്ടായ എങ്ങനെ ഇരിക്കും ആ അനുഭവം ശരീരത്തിൽ ആത്മതാതാത്മ്യ അനുഭവം ഉണ്ടായി എന്തായിരിക്കും നമ്മുടെ അനുഭവം ശരീരത്തിൽ ആത്മ താതാത്മ്യ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ആത്മാ എന്ന് ചൈതന്യമാണ് ഇപ്പൊ ശരീരത്തിൽ ആത്മ താതാത്മ്യ അനുഭവം ശരീരം ചൈതന്യവാൻ എന്നുള്ള അനുഭവം ഉണ്ടാവും ആത്മാവിൽ ശരീര താതാത്മ്യം ഉണ്ടാവും ആത്മാവിൽ ശരീരത്താതാത്മ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സ്ഥൂലനാണെന്നുള്ള അനുഭവം പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ട് നോക്കും പക്ഷെ അതൊന്നും അധ്യാസം കൊണ്ടല്ലെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ സ്ഥൂലമാണെന്നൊരു അനുഭവം ഇല്ലെന്നല്ലോ പറയുന്നു അങ്ങനെയുണ്ട് ശരീരത്തിൽ ഒരാൾക്ക് ചൈതന്യ അനുഭവം ഇല്ലെന്നുള്ള പറയുന്നു ഇതൊക്കെയുണ്ട് പക്ഷെ ഇവിടെയൊന്നും അധ്യാസമല്ല സംഭവിക്കുന്നു ശരീരത്തിൽ ആത്മതാതാത്മ്യമോ അല്ലെങ്കിൽ ആത്മാവിൽ ശരീര താതാത്മ്യമോ അനുഭവപ്പെടുന്നതും പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു അനുഭവമുണ്ട് ഞാൻ സ്ഥൂലമാണ് സ്ഥൂലം പിന്നെ ശരീരത്തിൽ ചൈതന്യമുണ്ട് ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ട് അത് ആത്മാ അനാത്മ താതാത്മ്യം അല്ല എന്ന് അപ്പൊ അനുഭവത്തിന് നിഷേധിക്കുന്നില്ല സിദ്ധാന്തം പൊറോഷിയും അംഗീകരിക്കുന്നു നിഷേധിക്കുന്നില്ല യും പറയുന്നു ശരി അനുഭവമുണ്ട് പക്ഷെ എന്തല്ല എന്ന് പറയുന്നു അത് താതാത്മ്യ അനുഭവമാണ് പിന്നെന്തോ അതിനി പറയും അപ്പോ എല്ലാവർക്കും അനുഭവമുണ്ട് ഞാൻ ചൈതന്യം എന്ന് ശരീരത്തിൽ അനുഭവം ശരീരത്തിൽ ചൈതന്യം പക്ഷെ അന്ന് ആത്മ താതാത്മ്യാനുഭവം നല്ല അതുകൊണ്ട് ശരീരത്തിൽ ആത്മ തദാത്മ്യ അനുഭവം ആത്മാവിൽ ശരീരദാതാത്മ്യാനുഭവവും ഉണ്ടാകത്തില്ല പരസ്പരം ബിരുദ്ധങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാകാം തമസും തമസിനും പ്രകാശത്തിനും ഇതൊക്കെ ശരിയാണ് ഇരുട്ടില്ലാർക്കും വെളിച്ചമെന്ന അനുഭവം ഉണ്ടാകുന്നില്ല വെളിച്ചത്തിലാർക്കും ഇരുട്ടെന്ന അനുഭവം ഉണ്ടാകുന്നില്ല അതൊക്കെ ശരിയാണ് അധ്യാസത്തോടെ നിഷേധിച്ചു അപ്പൊ അതിന് തന്നെ ഇവിടെ ധർമ്മിയ അധ്യാസത്തെ നിഷേധ ധർമ്മികളെന്ന് വെച്ചാൽ ആത്മാവും അനാത്മാവും രണ്ടും തമ്മിലുള്ള അധ്യാസം നിഷേധിക്കുകയാണ് ഇനി അടുത്ത് ധർമാധ്യാസം നിഷേധിക്കണം ഇത്യതോ ഭാഷയത്തെ പറയും അസ്മത് പ്രത്യഗോചരേ വിഷയാത്മകേ വിഷ്ണുപ്രത്യഗോചര വിഷയർമാണ അധ്യാസ തദ്വിപര്യണ വിഷയണ വിഷയ അധ്യാസവും ഇത്യേദി ഭഗവിതം യുക്തം അധ്യാസോ മിഥേ ഭവിതം യുക്തം അധ്യാസം മിഥിയാണെന്ന് വെച്ചാൽ അധ്യാസം നടത്തില്ല ഇവിടെ അധ്യാസം നടക്കുന്നില്ല അപ്പൊ ഞാനെന്നുള്ള അനുഭവം അങ്ങനെ കാരണമുണ്ട് ഞാനെന്നുള്ള നമ്മുടെ അനുഭവത്തിന് കാരണം പറയുന്നു വിത്യത അതുകൊണ്ട് അസ്മത് പ്രത്യേകവരായ വിഷയനി ചിതാത്മക അസ്മത് പ്രത്യേകം ഞാനെന്നുള്ള ബോധം അതിന് വിഷയമായിരിക്കുന്ന വിഷയായ ചിതാർത്ഥ വിഷ്ണത് പ്രത്യേക വിഷയ നീ എന്നുള്ള അല്ലെങ്കിൽ ഇതെന്നുള്ള അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയത്തിൻ്റെയും തദ്ധർമാണാൻ്റെ അധ്യാസം വിഷയത്തിൻ്റെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അധ്യാസം തദ്വരിയാണ് മറിച്ച് വിഷയീണ തദ്ധർമാണാൻ വിഷയുടെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും വിഷയ അധ്യാസം വിഷയത്തിലുള്ള അധ്യാസം മിഥ്യേത് ഭഗത യുക്തം എന്നത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് അത് മനസ്സിലാക്കണം